പ്രയാസങ്ങൾ നേരിടുന്നവരല്ലാത്ത വിശ്വാസികളിൽ വീട്ടിലിരിക്കുന്നവരും അള്ളാഹുസുബഹാനുഹൂവത്തായാലാ മാർഗ്ഗത്തിൽ തങ്ങളുടെ സമ്പത്തും ജീവനും നൽകി പോരാടുന്നവരും ഒരുപോലെയല്ല തങ്ങളുടെ സമ്പത്തും ജീവനും നൽകി പോരാടുന്നവരെ വീട്ടിലിരിക്കുന്നവരെക്കാൾ ഒരു പദവി അള്ളാഹു സുബാനുഹൂവത്തായാല ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എല്ലാവർക്കും അള്ളാഹുസുബഹാനുഹൂവത്തായാല ഏറ്റവും നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിലും പോരാളികൾക്ക് വീട്ടിലിരിക്കുന്നവരേക്കാൾ വലിയ പ്രതിഫലം അല്ലാഹു സുബാനുഹൂവത്തായാല നൽകി ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു